അങ്ങനെ അവർ ആ ഒട്ടകത്തെക്കൊന്നു തങ്ങളുടെ രക്ഷിതാവിന്റെ കൽപ്പനയെ അവർ ധിക്കരിച്ചു അവർ പറഞ്ഞു സ്വാലിഹ് അലിഹിസലാം താങ്കൾ ദൂതന്മാരിൽപ്പെട്ടവനാണെങ്കിൽ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ശിക്ഷ കൊണ്ടുവരിക